കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹുസുബഹാനുഹൂവറ്റ ആല ശിക്ഷിക്കാനും സത്യവിശ്വാസികളായ പുരുഷന്മാരോടും സ്ത്രീകളോടും അള്ളാഹുസുബഹാനുഹൂവറ്റ ആല തോപ സ്വീകരിക്കാനുമാണത് അള്ളാഹുസുബഹാനഹൂവറ്റ ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്